അവൻ നിലവിലുള്ളതിനേക്കാൾ സുഖം കിട്ടണം അവന്റെ പരാമീ ശരിയാക്കിയാൽ പോരാണങ്ങളാൽ വരാ ജനിതക ഘടകം കൊണ്ടേ വരൂ ജനിതക ഘടകം ചേർന്ന് വരാ കഴിഞ്ഞ ഒരു മാസമായി അവന്റെ അപ്പൂപ്പനെ അവൻ കാണാത്ത അവന്റെ അപ്പൂപ്പനെ നിരന്തരമായി പീഡിപ്പിച്ച ഒരു തൻ്റെ ജനിതകമുള്ള ഒരുത്തൻ ആ കൂട്ടുകച്ചവടത്തിന് ഒന്ന് കൂടിയിരിക്കുന്നു മനസ്സിലായില്ല പൂർണ്ണ സ്വഭാവം ഒരുപോലെ എന്റെ സ്വഭാവത്തിന് അനുഗുണമായ ഒരുത്തൻ എന്റെ കൂടെ കൂട്ടുകച്ചവടത്തിന് ഒരു ജന്മത്തില് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പദ്യനായവൻ എനിക്ക് സമ്മതനായവൻ എന്റെ സ്നേഹിതൻ എനിക്ക് ആരാധ്യൻ ആയവനും ഞാനും കൂടെ കൂടി ഒരു ഇരുമ്പ് കട തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് അടക്കുന്നു പക്ഷെ ഇവന്റെ തന്തയുടെ തന്തയാണ് എന്റെ തന്തയുടെ തന്തയെ പറ്റിച്ചു കൊണ്ടുപോയത് കൊണ്ടൊന്നും എനിക്കറിയില്ല എന്റെ ജാഗ്രതത്തിൽ ഈ കാരണമൊന്നുമില്ല അവന്റെ ജാഗ്രതത്തിൽ ഈ കാരണമൊന്നുമില്ല എന്റെ തന്തയുടെ തന്തയെ പറ്റിച്ചതാണെന്ന് ഞാനോ എന്റെ തന്തയുടെ തന്ത പറ്റിച്ചവനാണെന്ന് അവൻറെ അപ്പൂപ്പനെന്ന് അവനോ അറിഞ്ഞതുമില്ല ബട്ട് ഞങ്ങൾ ഒന്നിച്ചേക്കുന്ന പക്ഷെ ഞങ്ങളുടെ ഓരോ ഇടപാടും കഴിയുമ്പോൾ എന്റെ പ്രശ്നവുമുടും ഒരാഴ്ച ഇവന്റെ കൂടെ അല്ലാതെ കച്ചവടമില്ലാതെ ഞാൻ യാത്രക്ക് പോകുമ്പോൾ പ്രഷർ നോർമൽ ആവും മനസിലായില്ല ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയിരുന്നാൽ എന്റെ പ്രഷറൊക്കെ നോർമലാണ് ഇവനെ കണ്ടാ കൂടും ഇവനെ കണ്ടിട്ടാ കൂടുന്നെന്ന് എനിക്കും അറിയില്ല അവനും അറിയില്ല എന്നെ നോക്കുന്ന വിഷക് അറിയില്ല വിഷേഖരൻ അറിയാമായിരുന്നെങ്കിൽ നീ അവന്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങ് മാറും അദ്ദേഹത്തിനും ഈ മാനോമീറ്റർ നോക്കാൻ അറിയണം കൃത്യമായി കണ്ടുപിടിക്കാൻ അറിയാം ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനുള്ള ടാബ്ലറ്റ് എഴുതി തരാൻ അറിയാം ഈ ടാബ്ലറ്റ് ഇവനെ കാണുമ്പോൾ മനസ്സിലായില്ല ഇതാണ് വൈചിത്ര്യം എന്ന് പറയുന്നത് മനുഷ്യ കോശകോശാംബര പരിണാമത്തിലെ രാസവൈചിത്രങ്ങളിലൂടെ കെമിക്കൽ അപ്നോ അപ്നോർമാലിറ്റീസ് ർജി എന്ന് ഒന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല എന്റെ കോശാന്തര വ്യാപാരത്തിലെ പൂർവജന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ കൂട്ടായ്മ ആ സെറ്റപ്പ് ഒന്ന് മാറുമ്പോയുമ്പോ ഞാൻ തിരിച്ചറിയണം ഇതാ സെറ്റപ്പ് ആണ് അപ്പൊ അവനോട് സ്നേഹമായി പറയണം ഇരുമ്പ് കച്ചവടം എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്നു ആ ഇത് കച്ചവടം എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്നു എന്തോ പന്തികളുടെ എവിടെയുണ്ട് ഇരുമ്പിന്റെ ആയിരിക്കും ഇരുമ്പിന്റെ ചൂരി പിടിക്കാനിട്ടാണെന്നാണ് തോന്നുന്നത് ആരോട് ഇടപെടുമ്പോഴും ആരോടെടപെടുമ്പോഴും ഈ ജനിതക സ്മൃതികളൊക്കെ മുമ്പ് വരും ക്കട്ട സ്വാമി അതിന് നമ്മളെ പിന്നെ ആളുകളെ അതിൽ നിന്ന് വെട്ടുപോയി കഴിഞ്ഞാൽ പലരും രോഗയില്ലാതെ ജീവിക്കുകയുണ്ട് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നോ ഭർത്താവിനോടുകൂടെ ജീവിക്കുന്നോന്നുള്ളതിനേക്കാ ഭർത്താവ് ഉണ്ടായാലും ഭാര്യ ഉണ്ടായാലും അതില്ലെങ്കിലും മനുഷ്യന്റെ മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായിരിക്കുന്നത് ഇനി വേണ്ടി വന്നാ നമുക്കൊരു കാര്യം ചെയ്യാം തോട് പിരിക്കാൻ ഒരു പണിയുണ്ട് കാരണം ഒരു മാർക്കറ്റ് ഉണ്ടാക്കാം മാറ്റിയെടുക്കാനുള്ളത് ഓ പിന്നെ കാളക്കും പശുവിനും ചന്തയുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് പറഞ്ഞ ആയി കൂടെ നമ്മളിങ്ങനെ തമാശ പറഞ്ഞാ നിങ്ങളുടെ വില്ലന്മാരും എന്തിയ ഭാഗത്തായിട്ട് മാർക്കറ്റ് തുടങ്ങി കളയുവറിയില്ല ജനിതക സ്മൃതികളോട് നീതി പുലർത്തി ജീവിക്കുകയും ജനിതക സ്മൃതികൾക്ക് അനുഗുണമായി ആഹരിക്കുകയും ജനിതക സ്മൃതികൾക്ക് അനുപേക്ഷണീയമായി വരുന്ന വികാരങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കോശ സംതൃപ്തിയിൽ വെച്ച് ആരോഗ്യമുള്ള വ്യക്തിയും ആരോഗ്യമുള്ള കുടുംബവും ആരോഗ്യമുള്ള സമൂഹവും ആരോഗ്യത്തിൻ്റെ ഭാവി പൈതൃകങ്ങളും രൂപാന്തരപ്പെടും ഒരു ശതമാനം ഉണ്ട് നിങ്ങളുടെ ജനിതക സ്മൃതികളോട് നീതി പുലർത്തി നിങ്ങൾ നീങ്ങുന്ന ഏത് കാര്യത്തിനും നിങ്ങളുടെ ചുറ്റുപാടുകൾ സംക്ഷോഭമില്ലാതെ സഹകരിക്കുക മാത്രമേ ചെയ്യൂ കാരണം അത് നിങ്ങളുടെ പൂർവജൻ നേരത്തെ ഒരുക്കി വെച്ച പങ്കാവാണ് വഴിയിൽ വരാവുന്ന എല്ലാ തടസ്സങ്ങളും അയാൾ നേരത്തെ ഒരു സങ്കല്പം കൊണ്ട് മാറ്റിയിട്ടുണ്ട് റിജുവായി സഞ്ചരിച്ചാ നിങ്ങളുടെ ഗോള് അവിടെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നടന്നു തന്നാ മതി നിങ്ങളെ ഒരാളും വഴിയിൽ തടയാനില്ല നിങ്ങളോട് ഒരാളും ഏറ്റുമുട്ടാനില്ല ഒരു നിമിഷം നിന്ന് ചിന്തിച്ചിട്ട് നേരെ നടന്നു പോയാൽ മതി അതവൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ ഒരേ യാത്രയാണ് അത് വേറെയല്ല അതവൻ്റെ സ്വന്തം പാതയാണ് അവൻ കരമടച്ച് എഴുതി വാങ്ങിച്ച അവന്റെ തന്നെ ബാധയാണ് ഇതാ മൗലികമായ ആരോഗ്യത്തിന്റെ തലവും എവിടെയാണ് അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഒരു മനുഷ്യന്റെ കോശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കോശങ്ങളെ ഉല്പാദിപ്പിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നത് അതില് ഡൈജസ്റ്റീവ് ട്രാക്റ്റില് ഒറ്റ ദിവസം കൊണ്ട് കണക്കായി പറഞ്ഞു വും അപ്പോ ഒരു മനുഷ്യന്റെ മജ്ജയിൽ ഏതാണ്ട് എട്ട് ദശലക്ഷം ക്രമഭംഗം നടക്കുന്നുണ്ട് ചുവന്ന രക്താണുക്കളുടെ ശേഖരത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ഏതു നിമിഷവും നടക്കുകയാണ് എട്ട് ദശലക്ഷം ഓരോ നിമിഷം നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം വളരെ വലുതാണ് അതിനെ ക്രമപ്പെടുത്താൻ നടക്കുന്നതിന്റെ എണ്ണമായി പറഞ്ഞു അർബുദത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ നവ്യ കോശ ഒരു സ്വഭാവ സവിശേഷത തന്നെയാണ് ക്രമാനുഗതവും ആയ ക്രമപങ്കം അതാണ് അർബുദവും ഈ ക്രമപങ്കവും തമ്മിലുള്ള ബന്ധം മിറ്റോസിസ് അതെങ്ങനെ അർബുദ കോശങ്ങളായി പരിണമിക്കുന്നത് ും നടത്തുന്ന ക്രമഭംഗത്തിന്റെ അളവ് അളവിന് ഇതാണ് ആധുനിക പഠനവും പ്രാചീനനും യോജിക്കുന്ന ബിന്ദു ഡബ്ല്യു എൽ കെഇർ വാർക്കർ അതിൽ നടക്കുന്ന ക്രമഭംഗം വളരെ വേഗം വളരുന്ന കളച്ചാണ് വളരുന്നത് ചിലർ കുറ്റി വളരുന്ന പോലെ വളരെ അതാ ചിലത് തുറക്കുന്നതിന് മുമ്പ് അത്രയും വളർന്നിട്ടുണ്ടാവുന്നില്ല സ്കാനിങ് ഇന്നെടുക്കുമ്പോ കണ്ടിച്ച് കളയാവുന്നു നാളെ രാവിലെ ഓപ്പറേഷൻ നിശ്ചയിച്ച് തുറക്കുമ്പോ കംപ്ലീറ്റ് സ്പ്രെഡായി ഇന്നെടുത്തൊരു സ്കാനിങ് രാവിലെ എടുത്തു ഫിക്സ് ചെയ്തു നാളെ കഴിഞ്ഞ് ഓപ്പറേഷൻ ആയേക്കാം രണ്ടു ദിവസമേ ഉള്ളൂ വ്യാപിച്ച് നിൽക്കും ക്രമഭംഗം അത്ര വേഗം എന്നാണ് കോശം ക്രമഭംഗത്തിന് വിധേയമാകുന്നത് മിറ്റോസിന് വിധേയമാകുന്നു അപ്പൊ നമ്മുടെ സാധാരണ കോശങ്ങൾ ക്രമഭംഗത്തിന് വിധേയമാകുന്ന പോലെ കാൽസിനോമയില് ഓംകോജീനുകൾ പ്രതിപ്രവർത്തനം കൊണ്ട് ഈ കോശങ്ങളെ വളരെ വേഗം ക്രമഭംഗത്തിന് വിധേയമാക്കും സൈക്കോളജി പഠിക്കുമ്പോ അർബുദവും തമ്മിലുള്ള ബന്ധം അതായത് കുടലിലെ അതിഥലീയ കോശങ്ങൾ ആ കോശത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് പണ്ടൊക്കെ അരഞ്ഞിരുന്നത് യൂറിൻഡസ്റ്റില ഈ അതിതലീയ കോശങ്ങൾ അതിലൂടെ പുറത്തു കൂടുതലായി പോയെങ്കിൽ നല്ല വിഷയക്കുറിന് സംശയം തോന്നും എവിടെയോ കുഴപ്പമുണ്ട് എപ്പിത്തീലിയ സെൽസ് കണ്ടവാനം പോകുന്നുണ്ട് പ്രതിപ്രവർത്തിക്കുന്നുണ്ട് ക്രമബംഗത്തിൽ എപ്പിതീലിയം പ്രവർത്തിപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ ആരംഭമുണ്ട് എപ്പിത്തീലിയോമയുണ്ട് അത് കുറെ വളർന്നാൽ കാർസിനോമയായി അത് കുറെ വളർന്നാൽ മെറ്റാസ്റ്റാസിസ് ആയി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വൃത്തം സ്ഥിരം മന്ത്രരുചം ൂലം ചിരവൃദ്ധ്യം ഭാഷകളുടെ മാറ്റം മാത്രമേ ഉള്ളൂ സ്ഥിരം മന്ദരുചം മഹാന്തനൽ ഇതിനേക്കാൾ കൂടുതൽ മുന്നോട്ടു ക്രിസ്തുവിന് മുമ്പ് എഴുതിയ പുസ്തകമാണ് നേരമണ്ണം പഠിച്ചിരുന്നെങ്കിൽ പടിഞ്ഞാറോട് നോക്കിയിരിക്കുക നമുക്ക് രക്ഷപ്പെടാൻ അപ്പൊ അതുകൊണ്ട് വളരെ രസകരമായി പഠിച്ചാൽ വളരെ വേഗം വളരുന്ന ഒരുതര അർബുദമാണ് വാക്കർക്കാർ സിനിമ അതുപോലെ മജ്ജ ഗ്രന്ഥി ഉപരിവൃത കോശങ്ങൾ അതിചർമ്മ കോശങ്ങൾ വൃഷണങ്ങൾ ശോണിത കോശങ്ങൾ ഹിമോ ഫിലിക് ഓർഗൻസ് അവയുടെ എല്ലാം ിതങ്ങളായും പിതൃവും മാതൃജവുമായി ആന്തരിക ചേഷ്ടിതങ്ങളായും രണ്ട് ചേഷ്ഠിതങ്ങളാണ് പറഞ്ഞത് ഒന്ന് അന്നജവും ദൗഹദാ അപചാരജവുമായ കാരണങ്ങളാൽ ബാഹ്യചേഷ്ഠിതങ്ങളായി കഴിക്കുന്ന അന്നത്തിൽ നിന്നുള്ള രസം രൂപാന്തരപ്പെട്ട അന്നം ബാഹ്യമാണ് അപചാരജം ഗർഭിണിയായിരിക്കുമ്പോഴുണ്ടാകുന്ന അപചാരങ്ങൾ കൊണ്ട് തെറ്റായ പ്രവർത്തികൾ കൊണ്ട് ഒരുപാട് ഉദാഹരണം പറഞ്ഞാൽ തോന്നും ഏറ്റവും ചുരുക്കത്തിൽ ഓർന്നാൽ ഗർഭിണിക്ക് കഴിക്കാൻ ആഹാരം കൊണ്ട് അമ്മ വരുമ്പോ ഛർദിക്കുമ്പോഴും ഒരു മരുന്ന് കൊടുത്തിട്ട് ഇത് കഴിപ്പിക്കും പഴയ വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മയ്ക്കാണെ അറിയാൻ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കഴിക്കണ്ട പുതിയമ്മയാണെങ്കിൽ അത് കഴിപ്പിച്ചേ അടങ്ങും ഞാനിത് ചുമന്നുകൊണ്ട് വന്നിട്ട് ഛർദിക്കേ കാണിച്ച പാമ്പിലെ ഡോക്ടറെ വിളിച്ചൊരു ഇഞ്ചക്ഷനും കൊടുത്ത് അടിച്ചു കഴിഞ്ഞോളൂ ദൗഹദ അപചാരജമാ ഭാഗ്യമാഷ്ഠിതങ്ങളായ അന്നജവും ദൗഹതാപചാരവും മാതൃജവും പിതൃജവുമായ ആന്തരിത ചേഷ്ടിതങ്ങൾ ആന്തരിക ചേഷ്ടിതങ്ങൾ അതകത്തുനിന്ന് വരുന്ന ഓരോ കോശാന്തര സ്ഥിതിയിലും ഇരിക്കുന്ന ബോധപ്രക്രിയക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന പരിണാമമാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാനം രണ്ടെണ്ണം ഒന്ന് ദൗഹദാപചാരജവും അന്നരസജവുമായ ബാഹ്യചേറ്റിതങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിണാമം രണ്ട് മാതൃജങ്ങളും പിതൃജങ്ങളുമായ പാരമ്പര്യ തലങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിണാമം ഇത് രണ്ടുപോലെ മാറ്റം ഉണ്ടാകും അപ്പൊ ബാഹ്യാവരണമായ ത്വക്ക് നിത്യനിരന്തരമായ പിണ്ടാണ്ടത്തെ ബ്രഹ്മാണ്ടത്തോട് ബന്ധിക്കുന്നൊക്ക് ആണ് ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഈ പിണ്ടാണ്ടത്തെ വേർതിരിച്ചു നിർത്തുന്നത് അതിനെ വേർതിരിക്കുന്ന ഭിത്തിയായി ത്വക്ക് ആ ബ്രഹ്മാണ്ടത്തിൽ വേറിട്ടൊരു നിലനിൽപ്പുണ്ടാക്കുകയും ചെയ്യുന്നത് ഇതാണ് വായവ്യ ഗുണമായ സ്പർശനം ത്വക്കിന്റെ ഗുണം തന്നെയാണ് അത് പുറന്തള്ളുന്ന വായുവുമായി നിത്യസമ്പർക്കത്തിലാണ് പുറത്തുണ്ടാകുന്ന അനന്തകോടി പരിണാമങ്ങളെ നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നതും അപ്പൊ ഈ തൊക്കിൽ നിന്നുള്ള സംവേകങ്ങൾ വഴിയാണ് നമ്മുടെ മസ്തിഷ്കം ഈ അറിവ് മുഴുവൻ നേടുന്നത് അപ്പൊ നമ്മുടെ മസ്തിഷ്കത്തെ അനേക വിധങ്ങളായ തർക്കവിതർക്കങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ സ്വാഭാവികമായ കോശാന്തര വ്യാപാരങ്ങളിൽ നിന്ന് ഉള്ള സമഗ്രവും സാമൂഹികവുമായ സാമാന്യ ജ്ഞാനത്തെ നിഷേധിക്കുവാനും ചുറ്റുപാടുകളോട് എതിരിടുവാനും പ്രേരണയുണ്ടാവും അപ്പൊ നമ്മുടെ ഈ തൊക്കാണ് ഇതിനെ വേർതിരിച്ചു നിർത്തുന്നത് അപ്പം വായു നമ്മൾ സ്വീകരിച്ച് മസ്തിഷ്കത്തിൽ അതിൻ്റെ കലവികൾ എത്തി രൂപാന്തരപ്പെടുമ്പോൾ ഒട്ടേറെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതും ഇല്ലാത്തതുമായ സംഭവങ്ങളും വാക്കുകളുമെല്ലാം നാം കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുമ്പോൾ അവയോട് എതിരിടുവാനും അവയെ നേരിടുവാനും അവരുടെയുള്ള പ്രത്യേകതകൾ നമുക്കുണ്ടാവും അങ്ങനെ വിദ്യാഭ്യാസമുള്ള മദ്യൻ അവന്റെ തന്നെ അസ്ഥിരയ്ക്ക് ശത്രുവായി തീരുകയും ചെയ്യും മറിച്ച് അവന്റെ കോശ അനുഗുണമായി മാതൃജവും പിതൃജവുമായ വികാരങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുകയാണെങ്കിൽ ഇതുണ്ടാവില്ല പാരമ്പര്യ സംബന്ധിയായ അറിവിനോട് ഇണങ്ങാതെ അപ്പോളുണ്ടാകുന്ന അറിവിനനുസരിച്ച് പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിലുളവാകുന്ന അതിനെ കാണുന്ന ഞാനും അതിനെ അനുഭവിക്കുന്ന ഞാനും അതിനെ കാണുന്ന ഞാനും അത് ചെയ്യുന്ന ഞാനും രണ്ടായിരിക്കും എൻ്റെ കുട്ടിയെ ഞാൻ വല്ലാതെ തല്ലുകയാണ് ഒരു വികാരം കൊണ്ട് കാണുന്ന എന്നെ മറച്ചു ഞാനൊരു കുട്ടിയുടെ അച്ഛനാണ് എൻ്റെ അയൽപക്കത്തൊരു കുട്ടിയെ അവന്റെ അച്ഛൻ ആ കുട്ടിയെ ജനിക്കാൻ കാരണമായ അച്ഛൻ തല്ലുന്നത് കണ്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ ഓടിച്ചത് പിടിക്കും ശരിയല്ല എന്താ ഈ കൊച്ചു കുഞ്ഞല്ലേ ഇങ്ങനെ അവളൊക്കെ മനുഷ്യത്വല് നിന്നോടൊന്നും പറഞ്ഞൊരു കാര്യമില്ലേ ഞാൻ ഞാനെൻ്റെ കുറ്റിയെ തല്ലുമ്പോൾ പിടിക്കുന്നില്ല അവിടെ പിടിച്ചവനേ എൻ്റെ അഹങ്കാരവും അറിവില്ലായ്മയും മറച്ചു വയ്ക്കുന്നു തല്ലുവാൻ കാരണമായ സെൻസ് തല്ലുവാൻ കാരണമായ നിർദ്ദേശം ന്യൂറോണുകൾ ഓർമ്മകൾ ആ തല്ലുവാൻ കയ്യെടുത്ത് പൊക്കി വഴിയെടുത്ത് കൈകൊണ്ട് വീണ്ടും വീണ്ടും അടിച്ച മൊട്ടോറിയം തല്ലുകഴിഞ്ഞിരിക്കുന്നൊരു വേളയിൽ ഞാൻ മറച്ചുവെച്ചിരുന്ന എന്നിലെ ഞാൻ മറനേക്ക് പുറത്തു വരുമ്പോൾ ആ തല്ലിയ എൻ്റെ കോശങ്ങളെ ശിക്ഷിക്കാനൊരുങ്ങുമ്പോൾ വരുന്ന ക്രമഭംഗങ്ങൾ അത്രയും മാറും അഹിംസയുടെ അർത്ഥം കേറി ഗാന്ധിയുടെ സത്യാഗ്രഹത്തിലേക്കല്ല പോകേണ്ടത് നിങ്ങളുടെ അന്തരാളത്തിലെ സെൻസോറിയത്തിലേക്ക് ന്യൂറോണിയത്തിലേക്ക് മോട്ടോറിയത്തിലേക്ക് അഥവാ എസ് ടി കോംപ്ലക്സിലേക്ക് നോക്കാം അടുത്ത ആഴ്ചയിൽ വീണ്ടും തന്നെ അവൻ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ ഞാൻ തല്ലിക്കഴിയുന്നതോടെ അവൻ തല്ലിൻ്റെ വേദന ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും തല്ലുകൊള്ളാനുള്ള ഒരു പ്രക്രിയയിലേക്ക് അവൻ്റെ കോശാന്തര വ്യാപാരത്തെ അവൻ വ്യുത്രിമിപ്പിക്കുകയും തല്ലുക എന്നത് ഒരു ശീലമായി തീരുകയും ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ എന്നെ മറയ്ക്കുകയും തല്ലിക്കഴിഞ്ഞ് മറതീക്ക് വീണ്ടും എത്തി ഞാൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നത് എൻ്റെ ഒരു അവാന്തര ഘടനയായി തീരുമ്പോൾ തല്ലും പശ്ചാത്താപവുമായി നീങ്ങുന്ന എൻ്റെ പ്രക്രിയയുടെ അന്തരാളങ്ങളിൽ എൻ്റെ കോശകോശാന്തര വ്യാപാരങ്ങൾ ഈ എണ്ണ ശിക്ഷിക്കുവാൻ ഒരുങ്ങുന്നതത്രയും എൻ്റെ രോഗങ്ങളായി പരിണമിക്കുന്നു എന്ന് അതിതേ കേട്ടതേക്കാൾ ഇതൊക്കെ അറിയുന്നവരായിരുന്നു നമ്മളെ തന്തയും തന്തയുടെ തന്ത് അവരും സ്കൂളിൽ പോയില്ല അവര് വെല്ലു കേട്ട് പുസ്തകം ചോന്നില്ല അവരുള്ള പുസ്തകം മുഴുവൻ വായിച്ച് പരീക്ഷ എഴുതിയില്ല അവര് പേരിന്റെ അറ്റത്തക്ഷരങ്ങൾ എഴുതിയില്ല എന്നേയുള്ളൂ ആ വിവരം വല്ലു ഇതെല്ലാം വായിച്ചുപേടിച്ച നമുക്കുണ്ടോ അത് വരണമെങ്കിൽ ആ പാരമ്പര്യം വേണം ആണോ അത് ചോദിച്ചപ്പോൾ നീ ഇറങ്ങിപ്പോ ഒരു തരം ജനിതക നരവംശാസ്ത്രത്തിലെ അത്യുദാരവും അതീവ ലളിതവും അതീവ രസാവുമായ അധ്യായങ്ങളാണിവ അവ വിദ്യാഭ്യാസത്തിലില്ല കാരണം ഇതൊക്കെ പഠിച്ചാൽ വാൾ പോസ്റ്റ് ഒട്ടിക്കാനും കുഴി കുത്താനൊന്നും പിള്ളേരെ വല്ല വണ്ടിയുടെ ഡയറി കീടാനോ വല്ലവൻ്റെയും പഠിപ്പ് വേറെ വല്ലവൻ്റെ ഓടിന് നാലാഴ്ച പഠിപ്പില്ലാതിരിക്കാനോ ഒക്കെ ഇതൊന്നും നിങ്ങൾ പഠിക്കരുത് എല്ലാം സഹിക്കാം ഈ വാൽകൃഷ്ണമാണെന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയല്ല ശരിയല്ലേ നഷ്ടബോധം തോന്നുന്നുണ്ടോ കുറച്ചെങ്കിലും അല്പങ്കിലും നഷ്ടബോധം ബയോളജി പഠിച്ചു അതിൽ സോളജിയും ബോട്ടണിയും പഠിച്ചു കെമിസ്ട്രി പഠിച്ചു ബയോ കെമിസ്ട്രി പഠിച്ചു ആ അവിടെയൊക്കെ ഉണ്ട് പക്ഷെ കാണാനുള്ള കണ്ണാടി കിട്ടണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും മടിയിൽ പഠിക്കണം എന്നിട്ട് വേണം നഴ്സറിയിൽ പോവാൻ അവിടെ ഉണ്ടി വല്ല ഇല്ലന്നൊന്നും പറയണ്ട ഞാൻ അവിടെ ഇത് പിറക്കി തരാം പഠിച്ചത് ഇലവസിലും ഉണ്ട് പക്ഷെ ആ സമയത്ത് ഈ പിള്ളേര് ഈ കശിമാവുള്ളത് ഓട്ടോ ഉള്ളത് ആ സ്കൂളെങ്കില് അണ്ടി കൊത്താൻ പോയിട്ടുണ്ടാവും ഏ ഈ ചെറിയ കുഴി നിത്തിയിട്ട് എറിഞ്ഞിട്ട് കൊത്തുന്ന പണി ക്ലാസ്സിൽ കയറിയത് കുറവായിരിക്കും അതുകൊണ്ട് പോയി നല്ലോണം ചിന്തിച്ച് നോക്കണം സ്ഥലങ്ങൾ അപ്പോ വിദ്യാഭ്യാസം ഈ തലത്തിലാണ് ഇന്ന് പോകുന്നത് അതുള്ള മത്യൻ അവന്റെ തന്നെ അസ്ഥിതയ്ക്ക് ശത്രുവാകുന്നത് അത് കോശങ്ങളുടെ സമഗ്രാധിപത്യത്തെ തകർക്കുകയും ബാഹ്യചേതനയിൽ പരസ്പരം ഭിന്നിക്കുന്ന ആശയങ്ങൾ ഭൗതികവും ആധ്യാത്മികവുമായ ഭിന്ന ഭിന്ന ആശയങ്ങളും സൂക്ഷ്മ തലങ്ങളിൽ അവന്റെ തന്നെ കോശ മസ്തിഷ്കത്തിൽ ഭിന്നതയുടെയും ബഹുസ്വരതയുടെയും വിനാശത്തിന്റെയും സൂത്രവാക്യങ്ങൾ രചിക്കുന്നു ഒരു സംയോജനം ഒരിടത്തും ഇവിടെയാണ് പ്രാചീന സംസ്കൃതികളുടെയും സഹിഷ്ണുതയുടെയും സമ്യക് സംവേദനങ്ങളുടെയും എല്ലാം അനിവാര്യ സുന്ദര ലോകങ്ങൾ കണക്കിലെടുക്കേണ്ടത് കോശങ്ങൾ തന്നെ നിഹിതമായ ഈ വിഭജന ആവേശം തുടർന്ന് കോശതന്ത്രത്തിന്റെ അവാന്തര ഘട്ടങ്ങൾക്ക് കാരണമാവുന്നതും ഇവിടെയാണ് കോശ സംഖ്യ ക്രമഭംഗമില്ലാത്ത കോശങ്ങളുടെ ആകത്തുകയാണ് ആയുർദൈര്യം കുറഞ്ഞ കോശങ്ങൾ വിഭജന കോശങ്ങൾ എല്ലാം ഈ നിലയിൽ പഠനാർത്ഥങ്ങളാണ് മാതൃ കോശങ്ങൾ വിഭജനത്തിന് വിധേയമാവുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ വിഭജനത്തിന് കഴിവുള്ളവൽ എന്നറിയപ്പെടുന്നു ഇവ രണ്ടായി വിഭജിക്കപ്പെടുന്നു അത് പോസ്റ്റ് ക്രമകം ഭംഗ അനുഗാമി കോശങ്ങൾ ഇവയുടെ ജീവിതകാലം കുറവാണെന്ന് മാത്രമല്ല അവ വിഭജനത്തിന് കഴിവുള്ളവയുമല്ല അവ ഉണ്ടായി മറയുന്നവയാണ് അതുപോലെ തന്നെ ഡിഫറൻഷിയൻ ഡിവിഷൻസ് അവയെ അടിസ്ഥാനപ്പെടുത്തി ഒരു മാതൃകോശം രണ്ട്ശങ്ങളായി വിഭജിക്കുമ്പോൾ ഒന്ന് വീണ്ടും മാതൃകോശവും ഒന്ന് അതായത് അതുപോലെ അതിന്റെ വിഭജനം ആൽഫ ടു ആൽഫ വിജ വിഭജന രീതികൾ രണ്ടു മാതൃകോശങ്ങളായി ഒരു മാതൃകോശം വിഭജിക്കാം എൻ ടു എൻ ഡിവിഷൻ മാതൃകോശമാണ് അർബുദപരമായ പരിണാമത്തിന് വിധേയമാവുന്നത് അതാണ് അർബുദ ബീജഭാഗ അവയവം അഥവാ അവിടുന്നതുകൊണ്ട് ആ പഴയ കുഞ്ഞിന്റെ പൊക്കിൽ കൂടി അത് ഒരു കഷ്ണം എടുത്തിട്ട് ബാക്കി കുഴിച്ചിട്ടും പഠിക്കണേ ആ ഒരു കഷ്ണം ഉണങ്ങി തകിടിനകത്താക്കി ഇവിടെ കെട്ടും കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും കഴിക്കുന്ന ആഹാരം കൊണ്ടോ സമൂഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടോ യാതൊരു മരുന്നുകളാലും ഒരു പ്രക്രിയക്ക് കുഞ്ഞ് ശരീരമെങ്കിൽ ആ ഉണങ്ങിയ കഷ്ണമെടുത്ത് പിന്നീട് എടുക്കുന്നവൻ കാണുമ്പോൾ എന്തോ ഒരു മരുന്ന് കണ്ടിച്ച് വെച്ചിരിക്കുന്നു എന്നേ തോന്നുള്ളൂ അത് ചാണയിലുരയ്ക്കും അല്പം പാലോ കരിക്കൻ വെള്ളമോ ചേർന്നു എന്നിട്ട് നാവിൽ തേച്ച് കൊടുത്തു എന്നിട്ട് അച്ഛനും അമ്മയും പറയും അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അവന് മതിയായി ജീവിതം പൊക്കോട്ടെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല തകിട് കിട്ടുന്നതെങ്കിലും ആ തകിട് അതിന്റെ ഒരു വശം തുറക്കാം ആ തകിട് നിറയ്ക്കുന്ന കണ്ടിട്ടുണ്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല കാരണം എപ്പോഴെങ്കിലും അവൻ അവന്റെ പാതയിൽ നിന്ന് വ്യതിരിച്ചാൽ ആ പാതയിലേക്ക് അവനെ ഭംഗം വിനാ തള്ളിക്കേറ്റാൻ ഇതിനെ സഹായിക്കുമെന്നാണ് എന്തൊരു അന്ധവിശ്വാസം വരുന്നു നമ്മുടെ ആളുകൾ എത്ര ശാസ്ത്രാവോധമാണ് നിങ്ങൾക്ക് കയ്യെ തല്ലിടെഴുതിക്കെട്ട് അലിച്ച് പൊട്ടിച്ചു വിവരങ്ങളേടാം വിവരമില്ലാത്ത തമ്പയും തള്ളിയൊക്കെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും വിദ്യാഭ്യാസം ഉള്ളവൻ കെട്ടിക്കൊണ്ട് നടക്കുക ലജ്ജയില്ലേ അനേകം സാധനങ്ങൾക്ക് അവസ്മാരമൊക്കെയുള്ള കുട്ടികൾക്കാണെ അരുത കെട്ടിയിടും ഈ നിങ്ങളിവിടെ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മട്ടാഞ്ചേരിയിൽ അരുതയാണ് കെട്ടിയിടുക ജൂതന്മാർ അവരാണ് അരുതയെ കൊണ്ടുവന്നത് പിന്നീടാണ് നമ്മുടെ നാട്ടുകാരത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അവസ്മാരത്തിനൊക്കെ സെൻസിറ്റീവ് പ്ലാന്റുകളിൽ പ്രത്യേകതയുള്ളതാണ് അവരാണ് ഒന്ന് അത് കണ്ടുപിടിപ്പിക്കാൻ സ്ത്രീകൾ തുടമ്പാടില്ല മനുഷ്യർ പിടിയിലാവുമ്പോഴെന്നൊക്കെ പറഞ്ഞു ആ തുളസി പോലെ വളരെ ദിവ്യമായി കണ്ടുവച്ച് പിടിപ്പിച്ച ഒരു ചെടി മട്ടാഞ്ചേരിയിൽ നിന്നാണ് എല്ലായിടത്തേക്കും പോയത് അപ്പൊ മട്ടാഞ്ചേരിയില എന്നില്ല അത് അപസ്മാരത്തിന് കെട്ടിയിടും അപസ്മാരം വരാതിരിക്കാൻ ത്രിച്ചട കെട്ടിയിടും ജഡാമാഞ്ചി കെട്ടിയിടും അങ്ങനെ ഒരുപാട് മരുന്നുകൾ ഉണ്ട് അതെപ്പോഴും ശരീരത്തിൽ സ്പർശിച്ചു കിടക്കണമെന്നാ ചിലര് ആ മരുന്ന് തന്നെ സ്പർശിക്കാൻ വേണ്ടി തകിടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് തുറന്നിരിക്കും ആ മരുന്ന് തൊക്കെ സ്പർശിക്കും അത് ഒരുപാട് പണികളുണ്ട് അതൊക്കെ അന്ധവിശ്വാസമാണ് ഇത് നിങ്ങളെല്ലാം ഇപ്പോ അല്ലല്ലിങ് ആകുമ്പോ രുദുരക്ഷൊക്കെ വാങ്ങിച്ചില്ല അവിടെ അഞ്ഞു രൂപയ്ക്ക് കിട്ടുന്ന സാധനം അമ്പതിനായിരം രൂപയ്ക്ക് അതാണ് രസം അഞ്ഞു രൂപയുള്ള അതിന്റെ വില ആ മൂന്നെണ്ണത്തിനും കൂടെ ഹരിദ്വാരം പോയി വാങ്ങിച്ചാൽ മുപ്പത്തിരണ്ടും പൈസ ഉള്ളതിൻ്റെ വില ആ സാധനം ആണൊരു ചരട് പോല കെട്ടി ഗംഭീരായിട്ട് ഏ ടി വിൽ കണ്ടു കഴിയുമ്പോഴേ വീട്ടിൽ അന്നേരം വിളിച്ചു പറയുകയാണ് എവിടെയെല്ലാം കയറുമ്പോണ്ട് വല്ല വര് ഇല്ലത്തുകയറി ഉടനെ മേടിച്ച് കേട്ടുകയാണ് കണ്ട് ഇതെല്ലാം ിങ് ആവുമ്പോൾ മറ്റതൊക്കെ ആകുമ്പോൾ ഇതിനൊക്കെ പ്രാധാന്യം ആ അർദ്ധ തലങ്ങളിൽ കിട്ടിയാൽ കുറയും അതായാലും ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്ന് അവസാനിപ്പിക്കാം നാരായണം നമസ്കൃതി നരം ജൈവ നരോത്തമം ദേവി സരസ്വതി മുതിരയെ അരിവം